അവൻ അത് കഷ്ടപ്പെട്ടു കുടിക്കുന്നു എന്നാൽ അതിറക്കാൻ അവൻ സാധിക്കുന്നില്ല എല്ലാ വശങ്ങളിൽ നിന്നും മരണമവന്റെ അടുക്കൽ വരുന്നു എങ്കിലും അവൻ മരിക്കുകയുമില്ല അവന്റെ പിന്നിൽ കഠിനമായ ശിക്ഷയുണ്ട്